നിന്റെ സഹോദരി നടന്നുവന്ന് ഇപ്രകാരം ചോദിച്ച സന്ദർഭത്തിൽ അവനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമോ അങ്ങനെ നിന്റെ മാതാവിന്റെ കണ്ണുകൾ കുളിർക്കാനും അവൾ ദുഃഖിക്കാതിരിക്കാനും വേണ്ടി നിന്നെ നാം അവളിലേക്ക് തിരിച്ചെത്തിച്ചു നീ ഒരു മനുഷ്യനെ അങ്ങനെ ദുഃഖത്തിൽ നിന്ന് നാം നിന്നെ രക്ഷിച്ചു നാം നിന്നെ പല പരീക്ഷിക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങളോളം നീ മദ്യനിവാസികൾക്കിടയിൽ കഴിഞ്ഞു ശേഷം മൂസ അലേ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നീ വന്നു